ആരണാ വധത്തിലേക്കുള്ള യാത്ര നാടകം രചന സുധീർ പരമേശ്വരൻ ശബ്ദം നൽകുന്നവർ അമ്പിളി സിന്ധു വിജയൻ എൻ ജെ ജോഷിലാൽ സജികുമാർ പോത്തൻകോട് അനീഷ് രജു കോലിയക്കോട് ആർ മഹേഷ് സുമേഷ് പേയാട് കണ്ണൻ നായർ ഹസീം അമരവിള സജികുമാർ പ്രദീപ് നായർ യാത്ര തളർന്നെങ്കിൽ പറയാം മക്കളെ നമുക്ക് എവിടെങ്കിലും ഒന്ന് ഇരിക്കാം വേണ്ടമ്മേ നമുക്ക് തളർച്ചയില്ല അമ്മയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിരിക്കാം അമ്മയുടെ മക്കൾ അത്ര പെട്ടെന്ന് ക്ഷീണിക്കുന്നവരൊന്നും അല്ലമ്മേ ശരീരത്തിന് ക്ഷീണം കൂടുമ്പോ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെ കാട്ടി ജനിച്ചു വളർന്ന ശക്തി കൂടി ലഭിക്കും കാട്ടുമൃഗങ്ങളുടെ ഉഷിരാണ് നമുക്കുള്ളത് അമ്മക്ക് കണ്ടാൽ അറിയാം എന്നാ അമ്മ പറയൂ ഈ അഞ്ചംഗ സംഘത്തിൽ ആരും ക്ഷണിച്ചിട്ടില്ല നമുക്ക് യാത്ര തുടരാ യാത്ര തുടങ്ങും മുമ്പേ അമ്മ ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാരണാ വിലക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്ര ദൂരം താണ്ടിയപ്പോ ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നോ വാരണാവതം അടുത്തെത്തിയെന്ന കാര്യം തടിമെടുക്കും ആയോധനാഭ്യാസവും മാത്രം പോരാ ദീർഘദൃഷ്ടി കൂടി ഉണ്ടാകണം നീ എന്റെ തൊട്ടടുത്ത അനുജനായതുതന്നെ നിന്റെ ഈ ദീർഘദൃഷ്ടി കൊണ്ടത്രേ ഒരാളെ തടിമെടുക്കും മറ്റേ ദീർഘദൃഷ്ടി വാരണാതം കാട് താണ്ടാൻ ഇനി അധികം ബുദ്ധിമുട്ടണ്ട അതെ മക്കളെ ഞാനും അതാ നിരൂപിച്ചെ കാടിനൊരു പുറം കാടില്ല അകങ്കാടേ ഉള്ളൂ കാട് നിറം കൊടുക്കുന്നതും ഒരുക്കുന്നതും ഹിംസ്രജന്തുക്കൾ വഴിയൊരുക്കുകയും ചിലപ്പോ വഴി മുടക്കുകയും ചെയ്യും യാത്രയിൽ ഒരിടത്തും ഭംഗം നേരിട്ടില്ല മരങ്ങൾ ഇടതൂർന്നു നിൽക്കുമ്പോ എവിടെയോ കാലുച്ച കേൾക്കാം കുതിരയുടെയാണെന്ന് തോന്നും ശ്വാസഗതി കൊണ്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല പാതചലനങ്ങൾക്ക് പോലും സൗന്ദര്യമുണ്ട് ശ്രവ്യഭാഷയ്ക്ക് തന്നെ ഘനഗാംഭീര്യം ദ്രവ്യപ്പാറയുടെ അടുത്ത് ശാസ്താംകാട്ടിലെത്തി ഇവിടുന്ന് നെല്ലിക്കാമലി കുന്നിച്ച് വഴിയെ ഉരുളിക്കുന്നിച്ച് എന്ന് കേറാം ഇടുക്കുപാറ ജലാശയമുണ്ട് മുഖവും കാലും നനച്ച് മുന്നോട്ട് പോകാം ഇരുട്ട് കാടും മൂടും മുമ്പേ ഇവിടെ നിലവിളിച്ചും വീഴും അതാണ് ഈ കാടിന്റെ പ്രത്യേകത കോങ്ങണുംകോടിയിലെത്തിയ ഉത്തരംകോട് വഴി വാരണാപതത്തിലെത്താം കാടിന്റെ പേരുകളൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത്രയും തിട്ടമായി പറയാൻ പറ്റുന്നു നമ്മുടെ വർഗത്തെ കാട്ടാളന്മാരോടൊപ്പം പോരിനു പോകുമ്പോ സ്ഥലനാമൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞിരിക്കും മല്ലയുദ്ധവും ഗതായുദ്ധവും ഒക്കെ നടത്തി പേരെടുത്ത എനിക്ക് ഇന്നും കാടിന്റെ ഗതിവേഗങ്ങളെപ്പറ്റി സംശയമാണ് അനുജന്റെ ആയുധാഭ്യാസത്തിലെ അസ്ത്രേഗം ജ്യേഷ്ഠന് എന്നേക്കാൾ നല്ല തിട്ടമാണ് എന്നാൽ കാടിന്റെ മുക്കുമൂലയും അറിയാൻ കഴിയുന്നില്ല അല്ലേ അതെ അനുജ ജ്യേഷ്ഠൻ ചൂതുകളിക്ക് പോകുമ്പോ ഒന്നോ രണ്ടോ തവണ ഞാനും അനുഗമിച്ചിട്ടുണ്ട് ബാല്യത്തിൽ ഇടുക്കുപാറയും അടിക്കോട്ടൂരും ഒക്കെയുള്ള കാട്ടാള രാജാക്കന്മാരെ മാത്രമല്ല ജ്യേഷ്ഠനപാരമായ ചൂതുകളിൽ തോൽപ്പിച്ചിട്ടുള്ളത് നാഗത്തന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട് പഞ്ചപാണ്ഡവന്മാരും പിടിച്ച ഒരു അരക്കെറുക്കനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നാലോ വേണ്ട മക്കളെ വേണ്ട ലക്ഷ്യം മറക്കണ്ട നമുക്ക് കാടിന്റെ വഴിയെ നാം ചെന്നാൽ കാട്ടിലേ എത്തു കാടാട് വഴികളുണ്ട് ചെങ്കുത്തായ പാറകളുണ്ട് ഹസ്തനാപുരത്തേക്കുള്ള വഴിയെ ഞാൻ നിങ്ങളുടെ പിതാവുമായി യാത്ര തിരിച്ചു വിവാഹത്തിന്റെ മൂന്നാം നാൾ വഴി ഏകചക്ര എന്നൊരു ഗ്രാമമുണ്ട് ബ്രാഹ്മണരുടേതാണ് ആ ഗ്രാമം അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിക്കാന്നാണ് കരുതിയത് എന്നാ അന്ന് ഏകചക്രയിൽ ദുർമരണം ഒരു കാട്ടുപോത്തിന്റെ ഇരയായി ഒരു വൃദ്ധ ബ്രാഹ്മണ ബലികർമ്മങ്ങൾ ദുർമരണങ്ങൾക്ക് കാട്ടാളം തന്നെ വേണം ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾ അവിടെ വഴിതെറ്റിയെത്തി ബ്രാഹ്മണ ഗുരുക്കളും പിതാമഹന്മാരും ഞങ്ങളെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു അഗ്നിഹോത്രം നിറയെ മാനറച്ചിയും മുയലിറച്ചിയും തന്നു അങ്ങനെയാണത്ര ആചാരം ഇനി ഒരു ദുർമരണം കുടുംബത്തിൽ സൽക്കരിച്ചയച്ചിട്ടുണ്ട് എന്ന് വെച്ച് അന്നത്തെ ആ പിതാമഹന്മാർ ഇന്നും ജീവിച്ചിരിക്കണമെന്നില്ല ഒരു പുതിയവർ നാം പറയുന്നത് അസത്യമായിട്ടേ ും നമ്മുടെ കാടുകളിൽ മനുഷ്യനും ഇടം പിടിച്ചു തുടങ്ങി മനുഷ്യർ വാസം കൊണ്ട് തൃപ്തിക്കിടവന്നാ പിന്നെ കാട് മനുഷ്യന്റേതായി നാം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ കാട്ടിൽ കാട്ടാളന്മാരുണ്ടാവുമെന്ന് പറഞ്ഞ് പ്രത്യേകം അസ്ത്രമ്പു മുനകളും തുള്ളി തൈലങ്ങളുമായാണ് നമ്മുടെ കാട്ടിലേക്കുള്ള അവരുടെ പ്രവേശനം തന്നെ കരുതിയിരുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടത് തന്നെതാണ് മക്കളെ അത് മനുഷ്യരാണേലും പുറത്തുനിന്നുള്ള മൃഗങ്ങളാണേലും അവർക്കൊരു ഇടനേരമേ കാട്ടിനെ പുൽകി ജീവിക്കാൻ കഴിയും കാടിന്റെ വെളിച്ചവും ഇരുട്ടും ഗന്ധവും തുടുപ്പും ഒക്കെ നമ്മുടേത് മക്കളെ കാട്ടിലെ മരവും മരത്തിലെ ജീവനും വിലകളും വള്ളികളും ഒക്കെ നമ്മുടെ ശ്വാസഗതികളെ കൂടി നിയന്ത്രിക്കുന്നുണ്ട് ഒരു ആപത്തും കാട് നമുക്ക് വരുത്തിയിട്ടില്ല കാടിനെ നാം അങ്ങനെ തന്നെ കണ്ടിടണം കാട്ടിലെ ദേവം ഉരുളിക്കുന്നിലെ ഭഗവാനാ നമുക്ക് ഭഗവാനെ ഒന്നുകിൽ ആളനാശം അല്ലേ ഭൂമി നാശം ഹാ നമുക്ക് യാത്ര തുടരാ പന്നിമല കടന്നു കയറുമ്പോ കാറ്റിന് ശക്തി കൂടും കാറ്റിന്റെ ഗതിവേഗം ജ്യേഷ്ഠന് നല്ല തിട്ടമാണ് കണ്ടോ കാറ്റുണ്ട് കണ്ണും കേൾവിയും ഉണ്ട് കാറ്റ് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് മടക്കയാത്രയായാലോ എന്നാണോ ഇത്രയും ദൂരം താണ്ടിയിട്ടോ ജ്യേഷ്ഠീരുത്തം വിളമ്പാതിരിക്കൂ ഞാനെയാണ് പേടിക്കുന്നത് അപ്പോ ുംഷ്ഠന്റെ ആകാരം കണ്ടപ്പോലും പിന്നോക്കം അറിയുന്നത് മനുഷ്യരെക്കാൾ മൃഗങ്ങളാണ് ചെന്നായി മാനിനെയും ഒരേ വേഗത്തിൽ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞത് ഞാനിന്ന് ഓർക്കുന്നു ബുദ്ധിയിലല്ല കാര്യം ശക്തിയിലാണ് ശക്തിമാന് ആദരവല്ല ആരാധനയുണ്ടാകും സ്ത്രീക്കും പുരുഷനും കാട്ടുപാത വീണ്ടും പരന്നും കിടക്കുന്നത് മക്കളെ നിങ്ങൾ അറിയുന്നില്ലേ കാട് മർമ്മരം മൂളുന്നതും നാവ് നീട്ടുന്നതും കാട്ടാളം വരെ കാട് അടയാളം തരും തങ്ങാനും അന്തിവിശ്രമം കൊള്ളാനും ഇവിടെ എവിടെയോ മനുഷ്യഗന്ധമുണ്ടല്ലോ ഞാനത് ആദ്യമേ മണത്തതാ കാട് വളരുകയും പൂക്കുകയും ചെയ്യും വഴികൾ മാറുന്നതും ില്ല വള്ളികൾ തൂങ്ങുന്നതും ഇലകൾ പൊഴിയുന്നതും കാട് മാറുന്നതും കാട് തെളിയുന്നതും കാട്ടാളന്മാരറിയണം കൃത്യമായും അറിഞ്ഞിരിക്കണം കാട് നമ്മുടേതാണ് നമ്മുടേതാണ് ഈ വനം കാടിന്റെ ഉൾത്തൊടിപ്പ് നമ്മുടെ നെഞ്ചിന്റെ താളമാണ് മക്കളെ തോന്നുന്നുണ്ട് കാറ്റിന് ഭാഷയുണ്ട് കാടിന്റെ ഭാഷയാണേ അത് വന്ധ്യ പിതാവ് കുട്ടിക്കാലത്തന്നെ കാട്ടിക്കൊണ്ടുവന്നപ്പോൾ കാടിളകാൻ തുടങ്ങിയതും കാട് ചലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കാട് വഴിതെറ്റിച്ച ആ യാത്ര നമ്മെ കൊണ്ടെത്തിച്ചത് നാഗത്തന്മാരുടെ ഉരുളിക്കുന്നിലാണ് മനുഷ്യരെയും കാട്ടാളരെയും മൃഗങ്ങളെയും ചുട്ട് എന്നാൽ കാടിന്റെ ഒരില പോലും പൊഴിഞ്ഞു വീഴുമ്പോൾ ദുഃഖിക്കുന്ന ഒരു ചരിത്രവും അവർക്കുണ്ട് ഞങ്ങൾ കാടിനെ സ്നേഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി ഭക്ഷണം തന്ന് വഴിതെളിച്ച് യാത്രയാക്കിയവരാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഏത് രാത്രിയാണ് അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ രാത്രികളും ഒരുപോലെയല്ലേ അമ്മേ യാത്ര തുടരണോ അതോ ഇന്ന് യാത്ര ഇവിടെ നിർത്തണോ കാറ്റ് എന്തോ പറയും പോലെ കാറ്റ് എന്താണ് പറയുന്നത് ഇനിയുള്ള യാത്ര സൂക്ഷിക്കണമെന്നാണ് എല്ലാ യാത്രകളും െ തിരിച്ചറിയാനുള്ള യാത്രകളാണ് ഐക്യമായിട്ട് നിൽക്കണം യാത്ര നമ്മൾ അഞ്ചു പേര് മടങ്ങിയെത്തുമ്പോ ആ എണ്ണം ഉണ്ടാകണം അഞ്ചല്ല ഞാൻ മറന്നിട്ടില്ല മക്കളെ അമ്മ വെറും ഒരു രൂപം മാത്രമാണ് അമ്മ എന്ന രൂപം അമ്മ നിങ്ങളുടെ മനസ്സിലാണ് പിതാവില്ലാതെ നിങ്ങളെത്രയും വളർത്തി വലുതാക്കി അച്ഛന്റെ മരണം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് പതറി പക്ഷേ ഞാൻ തളർന്നില്ല കാടായിരുന്നു എന്റെ ശക്തി കാടിന്റെ ഇരുട്ടും മുരൾച്ചയും അനക്കവും മൂകതയുമൊക്കെ എന്റെ മനസ്സിന് ശക്തി പകർന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഈ വീശിയടിക്കുന്ന കാറ്റ് എന്തോ ആപദ് സൂചനയല്ലേ തരുന്നേ എനിക്കും സംശയം തോന്നാ തരുന്നില്ല സിംഹമായാലും പുലിയായാലും ഇനി മനുഷ്യനായാലും എനിക്ക് ഭയം അശേഷമില്ല യാത്ര തുടങ്ങിയ ശേഷം അമ്പൊന്നും തൊടുത്തിട്ടില്ല കഷ്ടമായി പോയി ആകാശത്തേക്ക് നോക്കിയെങ്കിലും ജ്യേഷ്ഠന് ഒരമ്പയക്കാമായിരുന്നില്ലേ അങ്ങനെ വെറുതെ അയക്കാൻ നമ്മുടെ ജ്യേഷ്ഠന് ആവനാഴിയിൽ ഒരമ്പും ബാക്കിയില്ല ലക്ഷ്യം നിറവേറ്റാനല്ലാതെ ഒരു വിദ്യയും ഞാൻ അഭ്യസിക്കാറില്ല മ്മേ വഴിയിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നാം കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇനിയുള്ള യാത്ര നാളെ പുലർന്നിട്ട് മതി മല്ലയുദ്ധത്തിൽ ആരെയും തോൽപ്പിക്കുന്ന ബീറും അതൊരു അഭയ കേന്ദ്രമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ചെറു ചെറു വഴികളാണ് ഈ അരുവി തന്നെ കണ്ടില്ലേ കാട്ടാറിന്റെ അരികിലൂടെയുള്ള നമ്മുടെ യാത്രാതെ അപ്പോൾ കാറ്റും കൊടുങ്കാറ്റുമൊക്കെ എന്തിന്റെ സൂചനയാണേ അതിന്റെ സ്വഭാവമാണ് നാം ശ്വസിക്കുന്നത് തന്നെ അത് ഒന്നുമില്ല യാത്ര തന്നെ സാഹസികമാണ് ജീവിതത്തിൽ സാഹസികതയില്ലെങ്കിൽ പിന്നെ അറിയില്ല മക്കളെ നമ്മുടെ യാത്ര ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കൊടും കാട്ടിനുള്ളിൽ നിൽക്കുമ്പോ നമുക്ക് ശക്തി കൂടുകയുള്ളൂ പുഴകളും കിളികളുമൊക്കെ നമ്മോടൊപ്പം തന്നെ ഈ പുഴ വെള്ളത്തിൽ ചവിട്ടി നമുക്ക് നടക്കാം പുഴയുടെ ഒഴുക്കിന് ഭംഗം നേരിടരുത് പുഴ നമുക്ക് വഴി കാണിച്ചു തരികയാണ് കുഞ്ഞെ നിനക്ക് എന്തു പറ്റി മുളങ്കാട് മലയെന്നത്ര പേര് ഈ കാണുന്ന മലയുടെ കടുവാമലയാണ് കടുവ കൂട്ടമായി എത്തും ആരെയും ഉപദ്രവിക്കില്ല ഭാഗ്യമുണ്ടെങ്കി കാണാൻ കഴിയും ജരാസന്ധൻ എന്നൊരു പേരുകേട്ട രാജാവുണ്ട് ൂടി എരിച്ചു കളയും മനുഷ്യന്മാരല്ലേ ശത്രുക്കളെ കൊല്ലാൻ അവർക്കെന്നും ഹരമാണ് നമ്മളെ പോലെയല്ല ദ്രവ്യപ്പാറ താണ്ടിക്കഴിഞ്ഞ വാരണാമതത്തിൽ എത്താൻ എളുപ്പമാണ് രണ്ടു പുഴകൾ കൂടി കടക്കണമെന്ന് മാത്രം മക്കളെ ക്ഷീണിച്ചെങ്കിൽ പറയണേ ഇല്ലമ്മേ ക്ഷീണം കൂടി ബലമാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വിശ്രമം വേണ്ട ഒരൊറ്റ യാത്ര ദാഹിക്കുന്നവർക്ക് കാട്ടരുവിയുണ്ട് രാജാവിന്റെ കാടാണിത് രാജാവിനും കാട്ടാളന്മാരെ അടിക്കോട്ടൂർ രാജാവിന് വേണ്ട രാജാവിന് അടിക്കോട്ടൂർ രാജാവിന് ബലിക്കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന കാട്ടാളനായിരുന്നു ബഗൻ ദുഷ്ടനായിരുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ാണ് ഒന്നാമൽ അത് കഴിഞ്ഞിട്ട് മനുഷ്യന്റെ ശക്തി വരും പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ മനുഷ്യൻ തന്നെ ഏറ്റവും രാജാക്കന്മാരാണ് രാജ്യം ഭരിക്കുന്ന തമ്പുരാക്കന്മാരാണ് നല്ല മനുഷ്യരാണ് അനീതിയും അധർമ്മവും മറ്റും കണ്ടാൽ അതിനെ കച്ചുടയ്ക്കും ശ്രീകൃഷ്ണദേവൻ അവർക്കെന്നും കൂട്ടിനുണ്ടാവും പാവങ്ങളുടെ രക്ഷയ്ക്കെത്തും അമ്മ ഒരു കാട്ടാളത്തിയാണെങ്കിലും മനുഷ്യരെ ഇഷ്ടമാണ് മനുഷ്യന്മാരുടെ സ്വഭാവവും ബുദ്ധിയൊക്കെ ഒരിക്കലും ഒരു കാട്ടാള വംശത്തിന് കിട്ടില്ല എന്നാ കാട്ടാളത്തിന്മാരെ മനുഷ്യന് ഇഷ്ടപ്പെട്ടാ അവര് പുടവ് കൊടുത്ത് കാത്തോളും ഹിടുമ്പി അവളെ ഭീമസേനാഴിക്കുന്ന കൊന്നുകളഞ്ഞു കാട് വിറപ്പിച്ച കാട്ടാളനായിരുന്നു ഹിടുമ്പൻ ദുഷ്ടന്മാരെ മാത്രമേ പഞ്ചപാണ്ഡവർ കൊല്ലാറുള്ളൂ അവരെ കാണാൻ എന്താ വഴി അവരൊക്കെ ദൈവത്തിന്റെ അടുത്ത ആളുകളാണ് മനുഷ്യരാണ് സ്നേഹമുള്ളവർ ദുഷ്ടന്മാരെ മുച്ചൂടും കൊന്നും ഭസ്മമാക്കും നമ്മളെ പോലെയുള്ള പാവം കാട്ടാളന്മാർക്ക് എന്ത് സഹായവും ചെയ്യും െ കണ്ട് പഞ്ചപാണ്ഡവരെ കാണാനുള്ള അനുഗ്രഹം എന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഒരിക്കൽ നീന്തൽ പഠിപ്പിക്കാൻ പുഴയിൽ അഭ്യസിച്ചപ്പോൾ ഒരു ചുഴിയിൽ താണുപോയ എന്നെ രക്ഷിച്ച ചേട്ടൻ എന്നെ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നു അന്ന് ദൂരും നോക്ക് വരുന്നതെന്ന വഴിയാണിത് പൊന്തക്കാടുകൾക്കിടയിൽ മൺചിരാത് വെട്ടം മനുഷ്യരാണ് അഭേന്ദരെന്ന് മനുഷ്യർ മനുഷ്യരാണമ്മേ മനുഷ്യർ അവർ നമ്മെ സ്വീകരിക്കുമോ സൂതരും ശൂദ്രരും കൂടെ കാട്ടാളരും മനുഷ്യർ ദൈവങ്ങളാണ് ദൈവങ്ങളാണ് മനുഷ്യരായി തീരുന്നത് വഴി ദൈവത്തിന്റെ വഴി മുന്നിൽ മുന്നിൽ കാട് പിന്നിലും കാട് ഉള്ളിലും കാട് കാട് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് കാട് ചികഞ്ഞു നമുക്ക് പോകാം ഈ പച്ചിലകൾ ഔഷധങ്ങളാണ് ഇതിന്റെ ഇലയും വേരും തോടും മുറിവുകളെ ഉണക്കുക മാത്രമല്ല മനസ്സിന് കൂടുതൽ ബലം തരികയും ചെയ്യും ഒരു ശിഖരം പറിച്ചെടുത്ത് ശബ്ദമുണ്ടാക്കി നമുക്ക് പോകാം വഴി അറിയണമല്ലോ ാണ് നമ്മൾ വാരണാവതത്തിലെ ചിറപ്പതി ഭഗവാനേയും കാട്ടു ഭഗവതിയും കാണാനിറങ്ങിയ കാട്ടാളരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മെ കാണുമ്പോ തന്നെ അവരത് തിരിച്ചറിയും മനുഷ്യരാണ് ദൈവങ്ങളാണ് കാലു തൊട്ട് വന്നിച്ച് ഭൂമിയിൽ നിൽക്കാവൂ ശരിയമ്മ ുര്യോധനന്റെശയമില്ല ജ്യേഷ്ഠൻ കൊടുങ്കാട്ടിൽ വന്നത് എങ്ങനെ ദുര്യോചനകത്ത് അറിയാമല്ലോ അഞ്ചംഗ സംഘമാണ് ഒരു സ്ത്രീയുമുണ്ട് അതെ അമ്മ അഞ്ചു പേര് തന്നെ ഏറ്റവും പുറകിലായിട്ടാണ് സ്ത്രീ ഇവരെന്തായാലും മനുഷ്യരല്ല കാട്ടാളന്മാരാണ് ഇവരുടെ ശരീരപ്രകൃതം കണ്ടില്ലേ അർജുന ഗതായുദ്ധമോ മല്ലയുദ്ധമോ ആകാം മുമ്പിൽ പടനയിക്കാൻ ഞാനുണ്ട് വേറെ ആരും വേണ്ട രക്തം തെറിക്കുന്നതും വീഴുന്നതും ഒഴുകുന്നതും ഞാൻ തന്നെ ആദ്യം കാണണം അതാണ് എനിക്ക് ഇവർ യുദ്ധത്തിന് വന്നവരല്ല മന്ദ എങ്കിലും നാം സദാ യുദ്ധത്തിന് സജ്ജരായിരിക്കണം ക്ഷത്രിയ വീര്യം യുദ്ധത്തോടുള്ള ആസക്തിയാണ് മല്ല യുദ്ധത്തിലേർപ്പെടുമ്പോൾ എതിരാളിയുടെ എല്ലുകൾ പൊടിയുന്നത് കേൾക്കുമ്പോൾ ഞാനുള്ളിൽ അലർച്ചയോടെ പൊട്ടിച്ചിരിക്കാറുണ്ട് രക്തം പുരണ്ട കൈയും മുഖവും ശത്രുവിനെ കീഴ്പെടുത്താൻ പ്രത്യേക ആവേശമുണ്ടാക്കണം യുദ്ധം ഭീമസേനന് മാത്രമല്ല ഹരം തരുന്നത് ഭീമന് അറിഞ്ഞുതുള്ളുന്ന ഭൂമിയും ആകാശവുമൊക്കെ രക്തനിറത്തിലാകാനാണിഷ്ടം അർജുന അമ്പും വില്ലുമെടുക്കാൻ വരട്ടെ എന്തിനു അമ്പും വില്ലുമെടുക്കണം പാവങ്ങൾ ഭിക്ഷാടനത്തിന് വന്ന കാട്ടെ ദൈവ നിയോഗമാണിത് വെളിച്ചം തെളിച്ച് വഴി കാട്ടു സഹദേവ മൺചരാതൂട്ടെ കാര്യങ്ങളൊക്കെ എല്ലാം ഭഗവാൻ നിശ്ചയിച്ച പ്രകാരമാ ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചംഗ സംഘം എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിനിയൊന്നും മനസ്സിലാകുന്നില്ലേ മക്കളെ യുദ്ധമെങ്കിൽ യുദ്ധം ഗതായുദ്ധമെങ്കിൽ ഗതായുദ്ധം തന്നെ അതല്ല മല്ല യുദ്ധമെങ്കിൽ അതിനും തയ്യാറതിരാളികൾ എത്ര ശക്തനാണെങ്കിലും പോരിന് പോര് ക്ഷത്രിയന് യുദ്ധം ആവേശം മാത്രമല്ല ഭ്രാന്തും ഉന്മാദവുമാണ് എതിരാളിയുടെ രക്തം കുടിച്ചാലേ ഈ ഭീമന്റെ ഗരുവിന് ശമനമുണ്ടാകൂ എവിടെ തുല്യൻ മതിമറന്ന് സംസാരിക്കാതിരിക്കൂ ഭീമ നിന്റെ ആവേശം ദുര്യോധനോട് മതി അതിഥികൾ സ്വഗൃഹത്തിൽ എത്തിച്ചേരുന്നത് ഭാഗ്യമാണ് നല്ലതെന്തോ സംഭവിക്കാൻ പോകുന്നു രാത്രി എത്തിച്ചേരുന്നത് കൊണ്ട് തങ്ങനൊരു താവളമായിട്ട് ഒരുപക്ഷെ അങ്ങനെയും എന്തുവാട്ടെ നമുക്കവരെ അവരിങ്ങോട്ട് തന്നെയാണ് വരുന്നത് വഴിയൊക്കെ നല്ല നിശ്ചയം പോലെ തന്നെയാണ് അവരുടെ യാത്ര കാട് നല്ല പരിചയമുള്ളവർ അല്ലെങ്കിൽ രാത്രിയിലും യാത്ര ചെയ്യാൻ കാണിക്കില്ല അല്ലെങ്കിൽ കാട്ടാളന്മാർ ഒന്ന് നിശ്ചയം വഴിതെറ്റിപ്പോയ യാത്രക്കാർ അങ്ങനെ അങ്ങനെ വഴിയുള്ളൂ മക്കളെ ഭഗവാൻ തുണച്ചു ും നാം യാത്ര തിരിച്ചത് ഭഗവാനാണ് നമുക്ക് വഴികാട്ടിയായത് ഭഗവാനാണ് നമുക്ക് ഈ വെളിച്ചം തരുന്നത് കടന്നു വന്നോളൂ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് ഞങ്ങൾ വാരണാപതത്തെ ഭഗവാനെ കാണാനിറങ്ങിയ പാവത്തങ്ങളാണേ കാട്ടാളരാ വരൂ അകത്തേക്ക് വന്നോളൂ അകത്തേക്ക് വരാനോ ഞങ്ങൾ കുലത്തിൽ താണവരാ മണ്ണിൽ നിന്നോളാം കിടന്നോളാം എന്താ ഞങ്ങളെ ഇഷ്ടമായില്ലേ അയ്യോ അങ്ങനെ പറയരുതേ ഭഗവാനെ കാണാനാ ഞങ്ങളിറങ്ങിയേ ഒരു നല്ല കാര്യത്തിനല്ലേ യാത്രയ്ക്ക് ഇറങ്ങി അപ്പോ എല്ലാം നല്ലതേ സംഭവിക്കൂ അതറിയാം നമുക്ക് ഇറങ്ങിക്കോളോ നാളെ രാവിലെ ഇനി യാത്ര തുടങ്ങാം ഇന്ന് രാത്രി ഇവിടെ തങ്ങാം അതിഥികളെ ദൈവത്തെ പോലെ കാണണമെന്നാ പറയുന്നേ മടിക്കാതെ കയറി വരൂ ഞങ്ങളുടെ കൊച്ചു കുടിലേക്ക് വന്നോളൂ വരൂ സഹോദര വരൂ അകത്തേക്ക്ണ്ട്ട്ടാളജാതിൽ കടക്കര വംശത്തിൽ പിറന്നവരാ മദ്യപിക്കുകയോ മൃഗങ്ങളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എല്ലാം ദൈവത്തിന്റെ ജന്മങ്ങളാണെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തെ ഞങ്ങൾ കണ്ടുമുട്ടി എങ്ങനെ നിങ്ങൾ തന്നെ ദൈവങ്ങൾ ഞങ്ങൾ കന്തി ഉറങ്ങാൻ ഒരിടം തന്നല്ലോ അത് തന്നെ ഒരു ഭാഗ്യം അതാണേ ഭഗവാൻ ദൈവവിശ്വാസികളാണ് ഞങ്ങൾ എവിടെ ചെന്നാലും അമ്മയെ കണ്ടുമുട്ടിയതും രാത്രി തങ്ങാൻ ഇടം കിട്ടിയതും ദൈവഭാഗ്യവുമല്ലേ എന്നാൽ ഉറങ്ങിക്കോളൂ ഗ്രാമം മുഹൂർത്തമാകുമ്പോ യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ എല്ലാരും ഉറങ്ങി മക്കളെ എല്ലാം ഭഗവാന്റെ കാരുമ്പോ അഞ്ചു പുരുഷന്മാരും ഞാൻ എന്തിനാണ് അവരെ സ്വീകരിച്ചിവിടെ കിടത്തിയത് ഉറുക്കിയത് ഞാനൊരമ്മയാണ് എന്റെ മക്കൾ അതിജീവിക്കണം വലിയച്ഛന്റെ മക്കളെക്കാൾ എന്റെ മക്കൾ യശസ് നേടണം കീർത്തിയാർജിക്കണം ഇന്ദ്രപ്രസ്ഥം ഭരിക്കണം അമ്മ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ലേ എന്തിനാണ് ഈ കാട്ടാളരെ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്താ ഇന്ന് രാത്രി അരക്കില്ലം തീ വിഴുങ്ങും അഞ്ചു മക്കളും വലിയച്ഛനും മക്കളും നമ്മുടെ മരണം കാത്തിരിക്കുന്നു ണം എ ഒത്തുവന്നിരിക്കണം അതിന് അഞ്ചു പുരുഷനും ഒരു സ്ത്രീയും വാർത്ത ലോകം അറിയണം ധ്രതരാഷ്ട്ര വല്യച്ഛനും ദുര്യോധനാദികളും സമാധാനിക്കണം ഒരു സുപ്രഭാതത്തിൽ പാണ്ഡവിന്റെ മക്കൾ ധ്രതരാഷ്ട്ര രാജ്യത്തെ തച്ചൊടച്ച് രാജ്യം ഭരിക്കുന്നവരായി തീരണം അതിന് ഈ ആറ് മരണം ആവശ്യമാണ് ഭീമസേന ക്ഷത്രിയന്റെ കരുത്ത് കാണിക്കേ ദുര്യോധന മന്ത്രി പുരോജനെ ഒന്നേ തലയ്ക്കടിച്ചു ദുര്യോധനന്റെ ചാരൻ തല ഇടിച്ചു വീണു അവന്റെ രക്തം കണ്ടോ മരണം ക്ഷത്രിയനാവേശമാണ് രക്തത്തിന്റെ നിറം കണ്ടാലേ ക്ഷത്രിയ രക്തത്തിന് വീര്യം കൂടുകയുള്ളൂ ശക്തന്മാരോടാണ് ഏറ്റുമുട്ടേണ്ടത് ദുർബലന്മാരോടല്ലോണ്ട് മക്കളെ നിങ്ങൾ തമ്മിൽ ചില വാക്കുതർക്കം പോലും അരുത് നമ്മുടെ ലക്ഷ്യം രാജ്യഭരണമാണ് അതിനുവേണ്ടിതാ പിഷ തേടിയിറങ്ങിയ ബലിമൃഗങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു ഭീമസേന ഞങ്ങൾ ഓരോരുത്തരായി പുറത്തിറങ്ങും അവസാന കർമ്മം നിർവഹിച്ച് നീ പുറത്തെത്തണം അതിനു മുമ്പേ അരക്കില്ലം തീ തിന്നിരിക്കണം സമയമായി എന്റെ പുറകെ വന്നോളൂ ആ കാട്ടാളത്തിയും അവരുടെ അഞ്ചു മക്കളും സുഖമായി ഉറങ്ങിക്കഴിഞ്ഞു സുഖനിദ്ര ഒന്നും അറിഞ്ഞിട്ടില്ല ആരും ഒന്നും വാരണാവതത്തിലേക്കുള്ള യാത്ര നാടകം സമാപിക്കുന്നു സുധീർ പരമേശ്വരൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അമ്മ അമ്പിളി കുന്തി സിന്ധു വിജയൻ യുധിഷ്ഠരൻ എൻ ജെ ജോഷിലാൽ ഭീമൻ സജികുമാർ പോത്തൻകോട് അർജ്ജുനൻ അനീഷ് നകുലൻ ആർ മഹേഷ് സഹദേവൻ റിജു കോലിയക്കോട് അമ്മയുടെ അഞ്ച് പുത്രന്മാർ സുമേഷ് പെയ്യാട് കണ്ണൻ നായർ ഹസീൻ അമരപിള്ള സജികുമാർ പ്രദീപ് നായർ സംവിധാനം അരുവിക്കര വിജയകുമാർ സംവിധാന സഹായം എം നിസാമുദ്ദീൻ വി എൻ ദീപ അശ്വതി ബാലചന്ദ്രൻ